എല്ലും ഈ കൃതി ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്കാർ മലയാള ഭാഷയാണെങ്കിലും പണ്ഡിതന്മാർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ശ്രദ്ധയോടെ എന്ന പദം പരമ സത്യത്തെ കുറിക്കുന്ന മലയാള പദമാണ് പരമസത്യവന്ധാമെന്ന് നമുക്കറിയാമല്ലോ ബോധം ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം എന്ന് വെച്ചാൽ അറിയാം ബോധം ബോധമാണ് ബ്രഹ്മം ഗുരുദേവൻ അറിവെന്നുള്ള പച്ചമലയാള പദമാണ് ധാരാളം ഈ ബ്രഹ്മത്തെ കുറിക്കാനായി പ്രയോഗിച്ചിട്ടുള്ളത് ആത്മോപദേശശതകം നമ്മൾ കേട്ടതാണല്ലോ അറിവെന്ന പദമാണ് അതിൽ ആവർത്തിച്ചാവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നു അറിവും അറിഞ്ഞൊരു അർത്ഥവും ഉമാന്തനെന്നറിവും ഒരാദിമഹസ് മാത്രമാകും വിരളത വിട്ടുവിളങ്ങും അം മഹത്വ അറിവിലമർന്ന് അതുമാത്രമായിടേണം അതിലറിവ് എന്ന പദം എത്രാവശ്യമാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അറിവ് ബോധം പ്രജ്ഞാനം ആത്മാവ് ബ്രഹ്മം ഈശ്വരൻ സത്യം എന്ന എല്ലാത്തിൻ്റെയും പര്യായപ്രദമാണ് അറിവ് നമുക്ക് പെട്ടെന്ന് കേട്ടാൽ ഒരു മലയാളിക്ക് അത് തോന്നില്ല അറിവെന്നുള്ളതിന് ഈശ്വരൻ അർത്ഥമുണ്ടോ അതെ പ്രപഞ്ചത്തിൻ്റെ പരമസത്യമാണല്ലോ ബ്രഹ്മം അറിവ് ബോധം അങ്ങനെയുള്ള ഒരു ചെറിയ കൃതിയാണ് നമ്മൾ ഇന്ന് മുതൽ ചർച്ച ചെയ്യുന്നത് ഗീതയിൽ ഭഗവാൻ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ക്ഷേത്രം ജഡം ശരീരം ക്ഷേത്രജ്ഞൻ ജഡത്തെ ശരീരത്തെ അറിയുന്ന ബോധം ഇങ്ങനെ പ്രാഥമികമായി തന്നെ രണ്ടേ രണ്ട് ഘടകങ്ങൾ അതിൽ ഒന്നറിവ് അതായത് ബോധം മറ്റേത് ആ ബോധത്തിൽ അറിയപ്പെടുന്നു എന്ന് കരുതുന്ന ജഡം ബോധം ജഡം അന്തിമ വിശകലനത്തിൽ ജഡം ഇല്ല ബോധം കൈവിട്ടാൽ ജഡം ഇല്ല ജഡമുള്ളതാവുന്നത് ബോധത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ജഡം അസത്യം അനിത്യം ഇരുട്ട് ശൂന്യം ഇതൊക്കെയാണ് ജഡം നേരെ മറിച്ച് ബോധം വെളിച്ചം ഈശ്വരൻ ബ്രഹ്മം ഇത് മനസ്സിലാക്കി വയ്ക്കുക ബോധം മാത്രമാണ് ഉള്ളത് അറിവ് മാത്രമാണ് ഉള്ളത് അറിയപ്പെടുന്നതാണ് ജഡം അതില്ല ഇല്ലാത്തത് ജഡം മാത്രമാണെങ്കിൽ ആ ജഡത്തിന് അതില്ല ഞാനുണ്ട് എന്നറിയാനും ജലത്തിന് കഴിയില്ലല്ലോ അതാണ് ബോധം ഇറങ്ങിപ്പോയാൽ മൃതശരീരം അതിന് ഞാനുണ്ടെന്ന് അനുഭവമില്ല അതുകൊണ്ട് മൃതശരീരത്തിന് മൃതശരീരമില്ല ശവത്തിന് ശവമില്ല അതുകൊണ്ടാണല്ലോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കായാലും ഗതപതി വായു പ്രാണാപായേ ഭാര്യ ബിഭ്യത്തി തസ്മിൻ കായേ ആചാര്യസ്വാമികൾ പറയുന്നില്ലേ ആ ബോധം ഇറങ്ങിപ്പോയാൽ ഭർത്താവായിട്ട് ആ ഭർത്താവിൻ്റെ ശവശരീരത്തിനടുത്തിരിക്കാൻ ഭാര്യയ്ക്ക് ഭയമാണ് അല്പ നിമിഷത്തിന് മുമ്പ് വരെ എൻ്റെ പ്രാണപ്രിയതമൻ അതുപോലെ ഭർത്താവ് എൻ്റെ പ്രാണപ്രിയതമാണ് വേർപാട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ആ ബോധം അങ്ങോട്ട് തങ്ങിപ്പോയാൽ ആ ശരീരത്തിനടുത്തിരിക്കാൻ ഭയമാകുന്നു ഭാര്യ വിഭ്യത്തി തസ്മിൻ കായേ ജലം ശുദ്ധജലം അത് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ ശരീരത്തെ അതിവേഗം ചിതയിൽ അഗ്നിയിൽ എരിച്ച് ചാമ്പലാക്കാനും മറ്റും എത്ര പ്രിയപ്പെട്ടവർക്കും ഒരു മടിയുമില്ല അപ്പൊ ജഡത്തെ അറിയുന്ന ബോധം ഭഗവാൻ ഗീതയിൽ എന്തുപറയുന്നു ഇടം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യ വിജയത്തെ ഏതന്ത്യോ വേക്തിത്വം പ്രാഹു ക്ഷേത്രജ്ഞയി തദ്ധ അർജുന ഈ ശരീരം നിൻ്റെ ആയാലും ശരി എൻ്റെ ആയാലും ശരി ഭീഷ്മോൺ ആദ്യ ശരീരമായാലും ശരി അത് അത് ക്ഷേത്രമാണ് ജഡമാണ് ഈ ജഡത്ത് ഏതന്ത്യോ വേക്തി ഈ ജഡത്തെ ആരറിയുന്നുവോ അതാണ് ക്ഷേത്രജ്ഞം അറിവ് ബോധം അറിയുന്ന വസ്തുവാണ് അറിവ് അതുകൊണ്ടാണ് അറിവിന് ബോധമെന്നർത്ഥം വന്നത് ഈ അറിവിനെയും അറിയപ്പെടുന്ന ജലത്തെയും കുറിച്ച് വ്യക്തമായി ധരിക്കുന്നതാണ് സത്യത്തെക്കുറിച്ചുള്ള അറിവ് ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്ഥം ജ്ഞാനം മതം മമം അർജുന ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചുമുള്ള അറിവാണ് വ്യക്തമായ ജ്ഞാനം ഈ രണ്ട് കാര്യം ഉള്ളിൽ ധരിച്ചു വച്ച് ആവർത്തിച്ചാവർത്തിച്ച് മനനം ചെയ്യുക അപ്പം ആത്മോപദേഷ്ടമൊക്കെ മുഴുവനും ഇക്കാര്യം തന്നെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ആത്മോപദേഷ്ടം സി ഡി ഇപ്പോൾ ധാരാളം പേര് കൊണ്ടുപോയി കഴിഞ്ഞു അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി പിടികിട്ടുന്നു ഇത് കേട്ടിട്ട് എന്നാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ജഗത്ത് തന്നെയാണ് പ്രപഞ്ചമായി പുറത്തു കാണുന്നതൊക്കെ ശരീരമാണ് ക്ഷേത്രം ജഡം ജഡവും ശരീരവും ഒക്കെ പര്യായ പദം അറിവ് അറിയപ്പെടുന്നത് അറിവ് ബോധം ജാനം ഈശ്വരം ബ്രഹ്മം റിയപ്പെടുന്നത് ഈ ജഗത്ത് ജഗത്ത് മുഴുവൻ അറിയപ്പെടുന്നതാണ് ക്ഷേത്രജ്ഞനായ ബോധം അറിയാനില്ലെങ്കിൽ ജഗത്തില്ല ബോധം അറിഞ്ഞെങ്കിൽ മാത്രമേ ക്ഷേത്രം അഥവാ ജഗത്ത് ഉള്ളതായിത്തീരുന്നുള്ളൂ വളരെ ലളിതമായ കാര്യം ഇതിനപ്പുറം ഒരു സത്യം ഇനി ആരും കണ്ടെത്താൻ പോകുന്നില്ല ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൻ്റെ ആരംഭത്തിൽ ഇൻട്രഡക്ഷനായിട്ട് ഇക്കാര്യമാണ് പറയുന്നത് അത് വായിച്ചിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നത് പഠിച്ചു നേരത്തെ എനിക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു നാൽപ്പത് കൊല്ലത്തെ അന്വേഷണം വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞൊന്നാണ് അങ്ങനെയുള്ള ോധത്തെ ക്ഷേത്രജ്ഞനെയാണ് മലയാളത്തിൽ അറിവ് എന്ന പദം കൊണ്ട് ഗുരുദേവൻ കുറിക്കുന്നത് അതി മനോഹരമായ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിഗംഭീരമായ പതിനഞ്ച് പദ്യങ്ങളാണ് അറിവ് എന്ന കൃതിയിൽ ഉൾപ്പെടുന്നത് ആദ്യത്തെ പദ്യം നമുക്ക് വായിക്കാം അറിയപ്പെടും ഇത് വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവ് ഇതിലൊന്നായതുകൊണ്ട് അറിവല്ലാതില്ല മറ്റൊന്നും അറിയപ്പെടും ഇത് വേറല്ല അറിയപ്പെടുന്നത് ജലം പ്രപഞ്ചം ജഗത്ത് അമീവ മുതൽ സൂര്യതന്തമാർ വരെയുള്ള കാഴ്ചകളിൽ പുറമെ കാണുന്നത് ജലം സ്ഥൂല സൂക്ഷ്മ കാരണ ജലങ്ങൾ ഉൾപ്പെട്ടതാണ് എല്ലാ ശരീരങ്ങളും അത് ആണറിയപ്പെടുന്നത് ഗുരുദേവൻ ആദ്യം തന്നെ തീർത്തു പറയുന്നു അറിയപ്പെടുമിതു വേറെ അല്ല അറിയപ്പെടുന്ന ഈ ജഡം അഥവാ ഈ ജഗത്ത് വേറെ അല്ല പ്രത്യേകമൊരു വസ്തുവല്ല ഏതിൽ നിന്ന് അറിവിൽ നിന്ന് പ്രത്യേകം ഒരു വസ്തുവല്ല അറിയപ്പെടും ഇതിൽ വേറെ അല്ല അറിവായിടും അറിയപ്പെടുന്നതൊക്കെ അറിവ് തന്നെയാണ് എപ്പോൾ തിരഞ്ഞിരുന്നേരം നിങ്ങളൽപ്പം ഒന്നാലോചിച്ചു നോക്കൂ തിരയുക വിചാരം ചെയ്യുക ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കൂ ബോധം അറിവോടുകൂടിയല്ലാതെ അറിയപ്പെടുന്നതിൽ എന്തിനെങ്കിലും നിലനിൽപ്പുണ്ടോ എന്നന്വേഷിച്ചു നോക്കും അറിവില്ലാതെ അറിയപ്പെടുന്നതില്ല ബോധമില്ലെങ്കിൽ ആരറിയാം പക്ഷേ അറിയപ്പെടുന്നതില്ലെങ്കിലും അറിവ് ബാക്കി നിൽക്കുന്നു ആനന്ദസ്വരൂപമായി ജനിക്കാത്തതായി ജീർണിക്കാത്തതായി മരിക്കാത്തതായി അറിവ് ബാക്കി നിൽക്കുന്നു അറിയപ്പെടും ഇത് വേറെ അല്ല പിന്നെ അറിവായിടും തിരഞ്ഞിടുന്നേരം അതുമാത്രമല്ല അറിവ് ഇതിലൊന്നായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അറിവ് ഒന്നേ ഉള്ളൂ അതായത് ബോധം എവിടെയും അറിവിലൊന്നായതുകൊണ്ട് അതായത് അറിയപ്പെടുന്നതോ അനന്തരൂപങ്ങൾ അമീല മുതൽ സൂര്യചന്ദ്രൻ മറുവരെ അതോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അപ്പോൾ അറിയപ്പെടുന്നത് വിവിധ രൂപങ്ങൾ ഒരിക്കലും അവസാനിക്കാത്ത രൂപങ്ങൾ അറിയപ്പെടുന്നത് അറിയപ്പെടും ഇത് വേറെ അല്ല അറിവായിടും തിരഞ്ഞിടുന്ന നേരം അറിവിലൊന്നായതുകൊണ്ട് ഈ അറിയപ്പെടുന്നതിൽ അതായത് അമീപം മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള അറിയപ്പെടുന്ന ഘടകങ്ങളിൽ അറിവുള്ള ബോധം നമുക്ക് പെട്ടെന്ന് തോന്നാം ഓരോരുത്തർക്കും ഓരോ ബോധമല്ലേ അങ്ങനെയല്ല എല്ലർക്കും ഒരേ ബോധം തന്നെ പലതായി തോന്നുന്നത് അറിയപ്പെടുന്നത് പലതായതുകൊണ്ട് അവ അവയിലൊക്കെ ഇരിക്കുന്ന പ്രത്യേകം ബോധം പ്രത്യേകം പ്രത്യേകമാണെന്ന് നമുക്ക് തോന്നുന്നു അറിയപ്പെടുന്നതിനെ മാറ്റി നോക്കിയാൽ അറിയുന്നതൊന്നേ ഉള്ളൂ അറിവ് ഒന്നേയുള്ളൂ ബോധം എവിടെയും ബോധം ജടമോ നാനാരൂപങ്ങൾ ഈ ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന കാര്യമല്ലേ ആകാശം ഇവിടെ രണ്ട് പാത്രങ്ങളുണ്ടെങ്കിൽ ആകാശം രണ്ടു പാത്രങ്ങളിലും വേർപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു ഈ മുറിക്കകത്തുള്ള ആകാശം ഈ പുറത്തുള്ള വരാന്തയിലെ ആകാശത്തും വേർപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇടയ്ക്ക് ഈ ചുവരും ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ചോരിനകത്ത് പോലും ആകാശമില്ലാത്ത പോഹിൻറ്റേത് അത് മാത്രം ചിന്തിച്ചാൽ മതി ഈ ചോരിനെവിടെയാണോ തുരുന്ന് നോക്കൂ അവിടെയൊക്കെ ആകാശമുണ്ട് അപ്പോൾ മുടിക്കകത്തുള്ള ആകാശവും ചോരിൽ നിറഞ്ഞിരിക്കുന്ന ആകാശവും ഒന്ന് വിഭജിക്കാനേ സാധ്യമല്ല പക്ഷേ ഇടയ്ക്ക് ജേതം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് ഹതാകാശം മഠാകാശം ഹൃദയാകാശം നമ്മുടെ ഉള്ളിലിരിക്കുകയാണ് എന്ന് നമ്മൾ കരുതുന്നു ഈ ചോരൊക്കെ ഇടിച്ചു കളഞ്ഞാൽ ഒരേ ഒരാകാശം അതുപോലെ ഈ ജഡങ്ങളിൽ പ്രത്യേകം പ്രത്യേകം ഉണ്ടെന്ന് തോന്നുന്ന ബോധം ആ ജഡത്തിൻ്റെ അതിര് മാറ്റിയെടുക്കാമെങ്കിൽ ഒരേ ഒരു ബോധം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ അകവും പുറവും നിറഞ്ഞു വർത്തിക്കുന്ന ബോധം ആകാശം ആണ് നമുക്കതിന് കാണിക്കാവുന്ന ഒരു തൽക്കാല ഉദാഹരണം ആകാശം പോലും ആദിയില്ല അന്തമില്ല മധ്യമില്ല ആദിയോ അന്തവും ഇല്ലെങ്കിൽ പിന്നെ അത് മധ്യം അതുപോലെയാണ് ബോധം കാരണം അനന്തം അനന്തബോധം അനാദിബോധം അത് ജനിച്ചതല്ല അത് ജീവിക്കില്ല മരിക്കില്ല അപ്പോൾ ആ സത്യം അറിയപ്പെടും ഇത് വേറെ അറിവായിടും നേരം അറി രീതിയിൽ ഒന്നായതുകൊണ്ട് ഇത് ഗുരുദേവനെ പോലെയുള്ള മഹഷീശ്വരന്മാർ സാക്ഷാത്കരിച്ചനുഭവിക്കുന്നു നമുക്കും അനുഭവിക്കാം നമുക്ക് ബുദ്ധി കൊണ്ട് ഓർമ്മിക്കാം എല്ലാ ബോധവും ഒന്നാണ് ബുദ്ധിയിലെ ഈ അതിരുകൾ ചിന്തകൾ വാസനകൾ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ ഈ ശരീരമിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഞാൻ ഞാനെന്ന ഈ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് അഖണ്ഡബോധം അനന്തബോധം ആനന്ദബോധം ശുദ്ധരൂപത്തിൽ അത് ആനന്ദമാണ് എന്നൊക്കെ വ്യക്തമായിട്ട് അനുഭവിക്കാൻ കഴിയും ഗുരുവായും അത് വ്യക്തമായും ഒരു പതിനായിരം സൂര്യന്മാരുദിച്ചുയരുന്നത് പോലെ വ്യക്തമായി ഞാൻ അനുഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ആത്മോദേശശതകത്തിൽ വെളിപ്പെടുത്തുന്നത് അപ്പോൾ അറിവ് ഇതിലൊന്നായതുകൊണ്ട് അറിവ് ഇതിൽ ഈ അറിയപ്പെടുന്നതിൽ പ്രപഞ്ചമായി കാണുന്ന അറിയപ്പെടുന്നതിൽ അമീപ മുതലുള്ള എല്ലാ കാഴ്ചകളിലും ശക്തിസ്പന്ദനം മുതലുള്ള എല്ലാ കാഴ്ചകളിലും ഒന്നായതുകൊണ്ട് അറിവല്ലാതെ ഇല്ല മറ്റൊന്നും വാസ്തവത്തിൽ അറിവല്ലാതെ മറ്റൊന്നുമില്ല ജലമെല്ലാം ആ അറിവിൽ ഉണ്ടെന്ന് തോന്നുന്ന സ്വപ്ന ദൃശ്യങ്ങൾ ഇന്ദ്രജാല ദൃശ്യങ്ങൾ ആ ജലങ്ങളിൽ പോലും കവും പുറവും നിറഞ്ഞ് ഈ അറിവ് ബോധം നിലകൊള്ളുന്നു ഇതാണ് വസ്തുത അപ്പോൾ അറിവിനെയും അറിയപ്പെടുന്നതിനെയും കുറിച്ച് ഇതൊക്കെ ആർക്കും ചിന്തിച്ചാൽ പിടികിട്ടും ആവർത്തിച്ച് ശാസ്ത്രീയമായി ചിന്തിക്കുക അറിയപ്പെടുന്നത് ഇല്ല എന്നുറപ്പ് വരുത്തുക അറിവേ ആദ്യന്തരഹിതമായി നിറഞ്ഞു നിൽക്കുന്നു ഇനി എന്താ മരണഭയം ജേതം മരിക്കേണ്ട കാര്യമുണ്ടോ നമ്മളാലോചിച്ചാൽ നമ്മൾ തന്നെ ഇപ്പൊ ഈ ശരീരവും ആ ശരീരത്തോണ്ടറിഞ്ഞുണ്ടെന്നറിഞ്ഞുകൊണ്ട് അതിൽ നിൽക്കുന്ന ബോധവും ആ ബോധമാണ് ഞാൻ ഞാൻ ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം ഗുരുദയം അതിവേ ദീവയിൽ പറയുന്നതാണ് ഉണ്ട് ഉണ്ട് എന്നനുഭവിച്ച് എല്ലാ ശരീരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധമൊന്ന് അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം ബാക്കിയൊക്കെ ജഡം അനിത്യം അസത്യം വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു നാമരൂപങ്ങൾ സത്യം വ്യക്തമായി അറിയപ്പെട്ടാൽ എവിടെയാതേ ഉള്ളൂ അതാണ് ഗുരുദേവൻ പറഞ്ഞത് അറിവീതിലൊന്നായതുകൊണ്ട് എല്ലാ ജഡരൂപങ്ങളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന അറിവ് ബോധം ഒന്നായതുകൊണ്ട് അറിവല്ലാതില്ല മറ്റൊന്നും ഇതാണ് നമ്മളുറപ്പിച്ച് ബുദ്ധിക്ക് ആദ്യം അനുഭവിക്കേണ്ടത് തുടർന്ന് അനുഭവിക്കേണ്ടത് അറിവല്ലാതെ ഇല്ല മറ്റൊന്നും ഗുരുദേവിനെ പോലെയുള്ള ഋഷീശ്വരന്മാർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തൽക്കാലം അനുഭവം ഇല്ലെങ്കിൽപ്പോഴും ഈത ഉറപ്പിക്കുക എല്ലാം കാണുന്നതൊക്കെ ഒന്നും ഗീതയുമൊക്കെ പറയുന്നത് ഇതുതന്നെ വ്യവസായാത്മിക ബുദ്ധിരേഖ സത്യനിശ്ചയം വന്ന മാത്രം സർവം ബ്രഹ്മമയൻ അല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല അങ്ങനെ ആദ്യത്തെ പദ്യത്തിൽ തന്നെ വിളുദ്ദേവൻ വളരെ വ്യക്തമായി അത് വെളിപ്പെടുത്തുന്നു അറിയപ്പെടും ഇത് വേറെല്ല ഈ പദ്യമൊക്കെ ആവർത്തിച്ച് അന്വയിച്ച് മനസ്സിലാക്കുക ഇതിപ്പോൾ മനസ്സിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയാസമില്ല അറിയപ്പെടും ഇത് വേറെ അല്ല ഈ പ്രപഞ്ചം ഈ ജഗതം ഈ ശരീരം വേറെല്ല മറ്റൊരു വസ്തുവല്ല ഇതിലൊന്നും അറിവിൽ നിന്നും അറിവായിടും ഇത് മറ്റൊന്നല്ല ഇതും അറിവ് തന്നെ തിരഞ്ഞിടുന്നേരും അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട് അതുപോലെ ഈ അറിവ് ഒന്നായതുകൊണ്ട് അറിവല്ലാതില്ല മറ്റൊന്നും തീർത്ത് പറയുക ബോധമല്ലാതെ ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല രണ്ടാമത്തെ പദ്യം അറിവില്ലെന്നാൽ ഗുരുവിനെ അടി ചോദ്യം ചോദിക്കാം നമുക്കത് അറിയിക്കാമല്ലോ അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടെന്നാലും അവിടെ പെട്ടെന്നും ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ സംശയം തോന്നും അറിയപ്പെടും ഇത് ഈ ജഡം ഇല്ല അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് റിയപ്പെടുമെന്നത് ജം അറിവില്ലെന്നാൽ ഇല്ല ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ ജഗത്തിൽ നിന്നും ബോധത്തെ വേർപെടുത്തുമെന്ന് വെക്കുക പിന്നെ ഏത് ജഗത്ത് അതാണ് ഗുരുദേവൻ ചിലർക്ക് സംശയം തോന്നും ബോധമില്ലെങ്കിൽ ഇല്ല ബോധമില്ലെങ്കിൽ ഈ മയക്കില്ല അത് മനസ്സാർ ഇല്ലെന്ന് പറയാൻ പറ്റും മൈക്കവിടെ ഉണ്ടല്ലോ അതെ മൈക്കുണ്ടല്ലോ എന്നെന്താ തീർച്ച വേറെ ഒരാൾ കാണുന്നുണ്ടല്ലോ ബോധം നമ്മിലില്ലാത്ത ഘട്ടത്തിൽ നമ്മളതിനെ കാണുന്നില്ല പക്ഷെ മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ സാർ അപ്പോൾ അതവിടെ ഉണ്ടല്ലോ മറ്റുള്ളവർ ഏതൊരു കൂടെ കാണുന്നത് ബോധം അറിവിൽ കൂടെ അല്ലേ അറിവില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഈ മയക്കിനെ ഉള്ളതായിട്ട് കാണുമോ മയക്ക് തന്നെ കാണുന്നുണ്ടോ ഞാനുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് ബോധം സ്വയം പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഉള്ളതായിരിക്കുന്നത് ആ ബോധത്തിൽ അറിയപ്പെടുന്നതാണ് മയക്ക് നേരെ മറിച്ച് മയക്കിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ബോധമുണ്ടോ ഇല്ല ില്ലാത്തതുകൊണ്ട് മയക്കിന് മൈക്കുണ്ടോ ഇല്ല കാരണം ബോധമില്ലാത്തതൊക്കെ ഇല്ലാത്തതാണ് മയക്കിന് മൈക്കില്ലെന്ന് വെച്ചാൽ മൈക്കിന് ഈ പ്രപഞ്ചമുണ്ടോ തനിക്ക് തന്നെ താനില്ല പിന്നെ തനിക്ക് മറ്റുള്ളതൊക്കെ എങ്ങനെ ഉണ്ടാവും മൈക്കിനെ സംബന്ധിച്ചിടത്തോളം മൈക്കില്ല പ്രപഞ്ചമില്ല സ്പഷ്ടമല്ലേ ശൂന്യം ഇല്ല എന്ന് പറഞ്ഞാൽ ശൂന്യം മയക്കുമില്ല മയക്കിന് പ്രപഞ്ചവുമില്ല ജീത് അല്പം ആലോചിച്ച് മനസ്സിലാക്കുക നമുക്ക് മയക്കില്ലെങ്കിലും മറ്റുള്ളവർക്കുണ്ടല്ലോ സാർ അപ്പൊ അതിന് ഇല്ലെന്ന് പറയാൻ പറ്റുമോ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്നതും ഈ ബോധത്തിൽ കൂടി മാത്രം ബോധമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നറിയുന്നുണ്ടോ സ്വയമുണ്ടെന്നറിയുന്നുണ്ടോ അല്ലാതെ വെറുതെ വാദിക്കാൻ വേണ്ടി നിങ്ങളറിയുന്നില്ലെങ്കിലും മറ്റുള്ളവരെ അറിയുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിനർത്ഥമില്ല എവിടെ എപ്പോൾ ആർക്ക് ഒരു വസ്തു ഉണ്ടെന്നനുഭവമുണ്ടോ ആ അനുഭവം ബോധത്തിലാണ് അല്ലാതെ ജലത്തിലല്ല ഇതേത് കൊച്ചുകുഞ്ഞിനാണ് മനസ്സിലാവാത്തത് അതുകൊണ്ട് ഗുരുദേവൻ ചോദിക്കുന്നു അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടും എന്നത് അറിയപ്പെടുമെന്നത് അമീരമാർ സൂര്യചന്ദന്മാർ വരെയുള്ള ജടജഗത്ത് അറിവില്ലെന്നാൽ ഇല്ല എന്നിട്ടാണ് ഉണ്ടിതെന്നാലും ചിലർക്ക് സംശയം വരാം ഇത് ഉണ്ടെന്ന് അറിവില്ലെങ്കിലും ഇതുണ്ടല്ലോ എന്ന് സംശയം വരാം ആലോചിക്കാത്തുള്ളതാണ് അതാണ് ഉണ്ടിതെന്നാലും ഉള്ളിത് ഇതുണ്ടെന്ന് മലർക്കും അനുഭവമുണ്ടല്ലോ അതെ പലർക്കും അനുഭവമില്ല ബോധത്തിന് മാത്രം ആ പലർക്കും എന്ന് പറയുന്ന ആ പലരിൽ സ്ഥിതി ചെയ്യുന്ന ബോധമാണ് ഇതുണ്ടെന്ന് അറിയുന്ന ഈ ജഗത്തുണ്ടെന്ന് അറിയുന്നത് ബോധമില്ലയോ ജഗത്ത് ശുദ്ധശൂന്യം നിങ്ങളീ ജഡവാസനകളെ അകറ്റി പൂർണ്ണമായ ബോധത്തെ സാക്ഷാത്കരിക്കൂ അപ്പോൾ ജഡമില്ല നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര ദൃഢമായിട്ടാണിത് പ്രഖ്യാപിക്കുന്നത് ഗൗഡപാദാചാര്യർ പറയുന്നു പ്രപഞ്ചമോ എതി വിധേത നിവർത്തേ തന്ന സംശയമാണ് ഹലോ മനുഷ്യ പ്രപഞ്ചം നിനക്കിപ്പോ ഉണ്ടെന്ന് തോന്നുന്നു നിശ്ചയമായിട്ടും അത് മാറിത്തരും പ്രപഞ്ചമില്ല പ്രപഞ്ചോ എലിവിദ്യയേത പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിവർത്തേത അത് മാറിത്തരും ന സംശയ കാര്യത്തിൽ അവർക്കൊന്നും ഒരു സംശയമില്ല കാരണം അവര് ഉള്ളിലുള്ള ജഡവാസനകളെ അകറ്റിയപ്പോൾ രാഗദ്വേഷങ്ങളെ അകറ്റിയപ്പോൾ ഭേദചിന്തകളെ അകറ്റിയപ്പോൾ സർവത്ര ബോധം മാത്രം ഒരു ജടവും ഒരിടത്തുമില്ല വെളിച്ചം കൊണ്ടുവന്നപ്പോൾ ഇരുട്ടില്ല വെളിച്ചം കൊണ്ടുവരാത്തിടത്തോളം ഇരുട്ടിൽ നിൽക്കുന്ന ആളിന് ഇരുട്ടുണ്ട് യുക്തി ചിന്തിച്ചാലൊന്നും പെരുകിട്ടില്ല ഇരുട്ടവിടുന്ന് വന്നു എന്തിനു വന്നു എന്നൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യമില്ല പിടികിട്ടില്ല വെളിച്ചം കൊണ്ടുവരു ഇരുട്ട് നിശ്ചയമായിട്ടും ഉണ്ടാവില്ല ഇരുട്ടില്ലേ ഇല്ല അതുകൊണ്ടാണ് ഗീതയിലും ഒക്കെ ഉടനീളം കൃഷ്ണൻ പറയുന്നത് ഞാനേ ഉള്ളൂ അഹമാദിഷ്ഠ മത്സ്യം ഭൂതാനാം അന്തയെ വച്ച ഞാൻ തന്നെയാണ് ഈ കാണുന്ന എല്ലാറ്റിൻ്റെയും ആദിയും അന്തവും മത്സ്യവും ഞാനല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടിതെന്നാലും ഉണ്ടെന്ന് ചിലർക്ക് തോന്നി എന്ന് വരാം അത് ഈ അറിവിന് വേണ്ടവണ്ണം ചിന്തിച്ചറിയാത്തത് കൊണ്ടാണ് അനുഭവിച്ചറിയാത്തത് കൊണ്ടാണ് ഉണ്ടെന്ന് തോന്നുന്നത് അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുന്നത് അറിയപ്പെടുമെന്നത് ഉണ്ടിതെന്നാലും ഉണ്ടെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിലും അറിവില്ലയോ അറിയപ്പെടുമെന്നത് ഈ ലടജഗത്ത് ഇല്ലേ ഇല്ല അറിവ് ഒന്നില്ലെന്നാൽ ഈ അറിവേത് വീണ്ടും ചോദിക്കുകയാണ് ഗുരുദേവൻ എന്തോ ബോധം അഥവാ അറിവ് ബോധം ഇവിടെ അറിവെന്നൊക്കെ പറയുന്നത് ബോധമാണ് അല്ലാതെ നമ്മൾ കഴിയും പോലെ നമ്മള രൂപങ്ങളോട് ചേർന്ന അറിവല്ല അതിനെയും ഉണ്ടാക്കുന്നത് ഈ അറിവ് തന്നെ അപ്പോൾ അറി അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് എടോ ബോധമില്ലെന്ന് വെക്കൂ പിന്നെ ഏതറിവ് പിന്നെ എന്ത് എന്തിനെ അറിയാം ഏതറിവ് ഗംഭീരമായ ഒരു ചോദ്യമാണ് ബോധത്തെ മാറ്റി നിർത്തിയിട്ട് ഈ ജഗത്തിൽ ആർക്ക് എന്തറിവ് ഒരാളുമില്ല ആരും എന്തും എവിടെയും എപ്പോഴും അറിയുന്നത് ബോധത്തിൽ മാത്രം അല്ലാതെ ജഗത്തിൽ നിന്നുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോർമ്മിക്കുക ാൽ അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് ചോദ്യമാണ് ഈ അറിവ് നമുക്ക് ഇന്നുണ്ടെന്ന് തോന്നുന്ന അറിവ് മയക്കിനെ കുറിച്ചുള്ള അറിവ് കസേരയെ കുറിച്ചുള്ള അറിവ് അവനെ എൻ്റെ ശരീരത്തെ കുറിച്ചുള്ള അറിവ് ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് അവിടെയൊക്കെ അറിവിനൊന്ന് മാറ്റൂ പിന്നെ ഏതറിവ് അറിവില്ലെന്നാൽ ീ അറിയപ്പെടുമെന്നത് ഉണ്ടിരെന്നാലും അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് ഇവിടെയൊക്കെ അറിവെന്ന പദം ആവർത്തിക്കാണ് ശ്രദ്ധിച്ചാൽ ഒരു പ്രയാസമില്ല അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് അറിവേത് അറിവെന്നതിൽ അറിഞ്ഞിട അങ്ങനെയുള്ള അറിവില്ലേയില്ല അറിവിനെ മാറ്റിയിട്ടൊരറിവ് ോധത്തെ മാറ്റിയിട്ട് ഒരനുഭവം ഒരനുഭവം അറിവെന്ന് വെച്ചാൽ അനുഭവം പ്രപഞ്ച ഒരനുഭവമാണ് എന്തിന്റെ അനുഭവം ബോധത്തിൻ്റെ അനുഭവം അനുഭവം പ്രധാനം ഉണ്ട് ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട അനുഭവം അതില്ലെങ്കിൽ പിന്നെ ഒരനുഭവമില്ല ഉണ്ടെന്ന് അറിവില്ലെങ്കിൽ ഒരറിവും പിന്നെ ഇല്ല എല്ലാ അറിവുകളും തുടങ്ങുന്നത് ഉണ്ട് എന്നെ അറിവില്ല ആ ഉണ്ടെന്ന അറിവ് ബോധത്തിനും മാത്രം മറ്റൊന്നിനും ഉണ്ട് എന്ന അറിവ് ഇല്ല അപ്പോ അറിവ് ഒന്നില്ലെന്നാൽ ഈ അറിവേത് എന്നവിടെ നടത്തുക അറിവ് ഇന്ന് അത് ഇല്ല അറിഞ്ഞിടാം അങ്ങനെയൊരു അറിവ് ഇവിടെ ഇല്ല ഈ ലോകത്തൊരിടത്തുമില്ല അറിവ് അറിഞ്ഞിടാം അറിവിനെ വിട്ടിട്ടുള്ള അറി ഒരറിവ് ഇല്ല ഇത് അറിഞ്ഞിടാം ചിന്തിച്ചറിയണം ചിന്തിച്ച് അറിയണം ഇതുകൊണ്ടാണ് നമ്മുടെ സത്യദൽശികളെല്ലാം ആരംഭത്തിൽ യുക്തിപൂർവം ഈ ജഗത്തില്ല എന്നറിയുന്നു ജഗത്തില്ലെന്ന അറിവാണ് ജഗത്തിനെ ത്യജിക്കൽ കൃഷ്ണൻ ഒടുവിൽ അർജുനോട് പറയുന്നില്ലേ സർവധർമാൻ പരിത്യജ്യ എല്ലാ അറിയപ്പെടുന്നതിനെയും ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാലെന്താ ഇല്ലെന്നറിയുവ ഇല്ലെന്നറിയലാണ് ഉപേക്ഷിക്കൽ അല്ലാതെ ഇതിനെയൊക്കെ പറിച്ചെടുത്ത് പല സ്ഥലത്തും കൊണ്ടറിയാൻ പറ്റും അവനവൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള ജഡം ഇല്ലെന്നറിയുന്നതാണ് ഉപേക്ഷിക്കൽ ത്യാഗം കൃഷ്ണനോട് അർജുനോട് പറയുന്നതാണ് അറിയപ്പെടുന്ന ഈ ജഗത്ത് സർവധർമാൻ പരിതജ ഈ ജഗത്തിനെയാണ് അവിടെ സർവധർമാൻ സൂക്ഷ്മ സ്ഥൂല ജഡങ്ങളെല്ലാം പ്രാണൻ മനസ്സ് പ്രാണനുള്ളതായിത്തീരുന്നു എന്തുകൊണ്ട് ബോധമുണ്ടെന്നറിയുന്നു ആകാശം മുതലും ഇങ്ങോട്ടെല്ലാം ആകാശം പ്രാണൻ മനസ്സ് ചിന്തകളും വികാരങ്ങളും ഉണ്ടെന്നറിയുന്നു എന്തുകൊണ്ട് ബോധമുള്ളതുകൊണ്ടറിയുന്നു സൂക്ഷ്മജടം പ്രാണൻ കുറച്ചുകൂടെ കട്ടിപിടിച്ച ജടമാണ് മനസ്സ് മനസ്സ് വീണ്ടും കട്ടിപിടിക്കുന്നതാണ് ഈ മാറ്റർ ശുദ്ധജലം ഈ സൂക്ഷ്മ സ്ഥൂല ജഡങ്ങളൊക്കെ ഉള്ളതായിത്തീരുന്നത് ബോധത്തിന്റെ പ്രകാശത്തിൽ മാത്രം ആ ബോധത്തെ ജഡത്തിന് പ്രകാശിപ്പിക്കാനൊക്കെ ഇല്ല അതത്ര സൂര്യോപാതി ആ ചന്ദ്രതാരകം ഉപനിഷത്ത് പറയുന്നു അവിടെ ആ ആ സത്യത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ ഒന്നും സാധ്യമല്ല എന്തുകൊണ്ട് ആ സത്യത്തിൻ്റെ പ്രകാശത്തിലാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ ഉള്ളതായി തരുന്നത് അവയ്ക്ക് പിന്നെ എങ്ങനെയാണ് സത്യത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുക പ്രകാശിപ്പിക്കേണ്ട കാര്യവുമില്ല സത്യം സ്വയം പ്രകാശിക്കുന്നു ഉണ്ട് ബോധം ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ സ്വയം പ്രകാശിക്കുന്നു എന്നിട്ട് മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു അതർത്ഥ സൂര്യോപാധി ചന്ദ്ര താരകം നേമാവിദ്യുത്തോഭാന്തി കുതോയം അഗ്നി ഈ മിന്നൽപ്പിണറുകൾക്കും ബോധത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല കുതോയം അഗ്നി പിന്നെയാണോ ഈ കൊച്ച് അഗ്നിക്ക് തമേവഭാന്തമനുഭാതി സർവം സ്വയം ഉണ്ടെന്ന് പ്രകാശിക്കുന്ന ആ ബോധത്തെ തുടർന്ന് മറ്റെല്ലാ ജടങ്ങളും പ്രകാശിക്കുന്നു ഉണ്ടെന്നറിയാൻ ബോധം വിസമ്മതിച്ചാൽ ജഡമൊന്നുമില്ല നേരെമറിച്ച് സ്വയമുണ്ടെന്നറിഞ്ഞ് ആ ബോധം ബാക്കി നിൽക്കുകയും ചെയ്യും ബോധത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല നമുക്ക് തന്നെ അറിയാമല്ലോ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് ഞാൻ സ്വയം എൻ്റെ ഉമ്മ അനുഭവിക്കുന്നു ഉണ്ട് നേരെമറിച്ച് ആ ഞാനില്ലെങ്കിൽ നമ്മൾ ഓരോ ഓരോരുത്തരുടെയും പ്രാണൻ മുതലിങ്ങോട്ടുള്ള ഒന്നുമില്ല തീർന്നു ഒക്കെ തീർന്നു ഞാനില്ലെങ്കിൽ അപ്പം സ്വയം പ്രകാശിക്കുന്ന ഞാൻ മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു അതാണ് തമേവഭാന്തം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധത്തെ തുടർന്ന് അനുഭവത്തിസർവം മറ്റ് സകലത്തും പ്രകാശിക്കുന്നു അതില്ലയോ ഒന്നും പ്രകാശിക്കില്ല നേരെ വെച്ചാൽ അതൊന്നുമില്ലെങ്കിലും ബോധം പ്രകാശിക്കും തമേവഭാന്തമനുഭാതി സർവം തസ്യഭാസ സർവമിതം വിഭാത്തി ആ ബോധത്തിൻ്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്ന സകലതും പ്രകാശിക്കുന്നു അതാണ് അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് അറിവെന്നതില്ലെന്നറി അറിവ് ഇല്ലെന്നറിഞ്ഞിടാം എന്നാണ് ഇല്ലെന്നറിഞ്ഞിടാം ബോധത്തെ കൂടാത്ത ഒരറിവ് ഈ ലോകത്തൊരിടത്തും ഇല്ലെന്ന് മനസ്സിലാക്കാം അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് നമുക്കൊക്കെയുള്ള അറിവ് മേശയുണ്ട് ദശൈരമുണ്ട് സൂര്യനുണ്ട് ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഞാനുണ്ട് എന്നൊക്കെയുള്ള അറിവ് ശരീരമുണ്ട് മനസ്സുണ്ട് ഈ അറിവ് അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് ചോദ്യം ബോധമെന്ന ഒരു വസ്തു അറിവെന്ന ഒരു വസ്തു ഇല്ലെന്ന് കരുതുക പിന്നെ ഈ അറിവേത് ഈ അറിവില്ലേ ഇല്ല ആ ചോദ്യത്തിന് അതാണ് അർത്ഥം അതായത് അറിവ് ഇന്നത് ഇല്ല ആ അറിവൊന്നും പിന്നെ ഇല്ല അറിഞ്ഞിടാം അത് അത് ഏത് കുഞ്ഞിനും നല്ലവണ്ണം ഒന്ന് ചിന്തിച്ചാൽ ബോധ്യപ്പെടും െന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടിതെന്നാലും അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഉണ്ടിത ഇതുണ്ടെങ്കിലും അറിയപ്പെടുമെന്നതില്ല അവിടെ ഇതുണ്ടെങ്കിലും അർത്ഥം ചിലർക്ക് അറിവില്ലെങ്കിലും ഇതുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിലും അറിവില്ലെങ്കിൽ നിശ്ചയമായും ഇതൊന്നുമില്ല അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് ോധം എന്ന ഒരൊറ്റ വസ്തു സത്യം ഈശ്വരൻ ആ ഈശ്വരമില്ലെന്നാൽ ഈ അറിവേത് അറിവെന്ന് അതില്ല അറിഞ്ഞിടാം അങ്ങനെയുള്ള അറിവ് ഇവിടെ ഇല്ല അതൊക്കെ പദം തിരിച്ചു മനസ്സിലാകുന്നുണ്ടല്ലോ അറിവൊന്നില്ലെന്നാൽ ഈ അറിവേത് അറിവിന്നതില്ല അറിഞ്ഞിടാം അങ്ങനെ ഒരു അറിവ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം ഇത് മനസ്സിലായി കഴിയുമ്പോഴാണ് ചില മഹാത്മാക്കൾ ഈ പ്രപഞ്ചത്തിനൊരു വിലയുമില്ല ഇതിനെ പറ്റുനിന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഭാഗവതത്തിൽ പരീക്ഷിത്വമൊക്കെ തന്നെയാണ് ഏഴാം ദിവസം സർപ്പം കടിച്ചു താൻ മരിക്കും എന്ന് മനസ്സിലാക്കി മോനിശാവം എന്താ ഭാഗവതം പറയുന്നത് പരീക്ഷത്തിന് ഒരു ദുഃഖവും തോന്നിയില്ല കാരണം ഈ ജലജത്ത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നദ്ദേഹം നേരത്തെ തന്നെ ചിന്തിച്ചറിഞ്ഞിരിക്കുന്നു അഥോ വിഹായയമം അമംചലോകം ഈ ലോകവും പരലോകവും ഒന്നും വേണ്ട ഒക്ക ജടം ഇവിടെ ഒരു ഇഹലോകവുമില്ല പരലോകവുമില്ല അഥോ വിഹായയമം അമംചലോകം വിമർശിതോഹേയതയാരസ്താ നേരത്തേ തന്നെ തൻ്റെ അപ്പന കൃഷ്ണൻ ഗീത ഉപദേശിച്ചതൊക്കെ കുറേയൊക്കെ വായിച്ചു പഠിച്ചിരിക്കുന്നു പരീക്ഷിത്ത് അങ്ങനെ ഹേയതയാ പുരസ്ത ഇതൊക്കെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇല്ലെന്നറിയേണ്ടതാണ് ഇല്ലാത്ത ജലത്തിനെ പറ്റിപ്പിടിച്ചല്ലേ സകല ദുഃഖവും ചക്രവർത്തിമാരും അവരവരും ഒക്കെ അനുഭവിക്കുന്ന സകല ദുഃഖവും ില്ലാത്ത ജലത്തിനെ ഉണ്ടെന്ന് കരുതി സ്നേഹിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഈ ശരീരത്തെപ്പോലും എൻ്റെ ശരീരം ഏത് ശരീരം ജലം ഈ ജലത്തിലെന്തിനാണ് എൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞ് കയറി പറ്റി പിടിക്കുന്നത് അത് വരുമ്പോൾ ഒരു ഒരു ഇന്ദ്രജാലം സിനിമ പോലെ വരുന്നു പോകുന്നു അതിനോട് സംഘം വേണ്ട അതുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളാം ഒരു വിരോധമില്ല സംഘമില്ല എപ്പോൾ വേണോ പോട്ടെ ഇരിക്കുമ്പോൾ ഇരിക്കട്ടെ പോകുമ്പോൾ പോട്ടെ പക്ഷെ പരീക്ഷിച്ചതൊക്കെ നേരത്തെ ചിന്തിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതോ വിഹായവ മമംശലോകം മുനിയുടെ ശാപം അദ്ദേഹത്തിന് ഒരു പരിഭ്രമം ഉണ്ടാക്കിയിട്ടില്ല അനുഗ്രഹമായി കരുതി ഇനി ഏഴ് ദിവസമുണ്ടല്ലോ ഏഴാം ദിവസമല്ലേ തക്ഷകൻ കടിക്കും വിമർശിതവും ഹേയതയാ ഹേയതയാ വിമർശിത ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നു വിമർശിതൗ ഹേയതയാ പുരസ്താ ഇനി ഏഴു ദിവസമുണ്ട് ആ ഏഴു ദിവസവും കൃഷ്ണാംഗി സേവാം അനുമന്യമാന ഈ ഏഴു ദിവസവും ഇനി വെള്ളവും കുടിക്കേണ്ട ചോറൂണുള്ള കൃഷ്ണസേവ ഇനി കുടിക്കുന്നതും ഭക്ഷിക്കുന്നതും ഒക്കെ കൃഷ്ണസേവ തീരുമാനിച്ചു ഏഴ് ദിവസം കൃഷ്ണാംഗ സേവാം അധിമന്യമാന ഉപാവിശ് പ്രായമർത്യനദ്യാം ഗംഗാനദിയുടെ കരയിൽ ഉപാവിഷദ് വെള്ളം പോലും കുടിക്കാതെയുള്ള ഉപവാസം അതാണ് ഉപാവിശദ് ഉപവേശം ഉപാവിശദ് അമർത്ഥ്യ നദ്യാം ഗംഗാനദിയുടെ കരയിൽ അങ്ങനെ അദ്ദേഹം എല്ലുപേക്ഷിച്ച് ബാഹ്യമായിട്ടും എല്ലാം ഉപേക്ഷിച്ച് ഏഴ് ദിവസം പ്രായോഗവേഷം തീരുമാനിച്ച് ഗംഗാനദിയുടെ കരയിലിരിക്കുകയാണ് അപ്പോഴാണ് മുനിമാരെല്ലാം അവിടെ വന്നു ചേർന്നു ശുഗനും വന്നു ചേർന്നു പരീക്ഷത്തിന് ശുഗൻ ഭാഗവതം ഉപദേശിക്കുന്നത് ഞാനീ പറഞ്ഞത് അറിയപ്പെടുന്നത് ഇല്ല എന്ന് വിമർശിച്ചറിഞ്ഞ് ഈ ശരീരം വിടുന്നതിന് മുമ്പത് വിമർശിച്ചറിയുക അല്ലെങ്കിൽ ശരീരം വിടാറാകുമ്പോൾ ഒക്കെ വിട്ടുപോകേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് മനുഷ്യൻ ഇല്ലാത്ത ജഡത്തെ ഉണ്ടെന്ന് കരുതി സ്നേഹിക്കാൻ പോയതുകൊണ്ട് അനന്തദുഃഖം അനന്തദുഖം എന്നാണ് പറയുന്നത് അനന്ത ദുഃഖം എന്ന് വെച്ചാലോ ഭരിക്കുമ്പോൾ മാറിയില്ലേ സാർ ഇല്ല ഈ ഭ്രമം ഭ്രമമാണ് അത് ഈ സ്ഥൂല ശരീരം വിട്ടാലും സൂക്ഷ്മശരീരത്തിൽ തങ്ങി നിന്ന് വേറൊരു ശരീരം അംഗീകരിച്ചു തുടരും എന്നുവരെയാണോ ഈ സ്ഥൂല ശരീരം ഈ പ്രപഞ്ചം ഇല്ലെന്നുറപ്പ് വന്ന് ഒരറിവ് ഒരു ഈശ്വരതത്വം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുറപ്പുവരുന്നത് ആ ഉറപ്പുവരുന്നതുവരെ ഈ ഭ്രമം പല പല ശരീരങ്ങൾ അംഗീകരിക്കുന്നതായുള്ള ഭ്രമം തുടരും അതാണ് അനന്തദുഃഖം ഇതും ഭാഗവതത്തിൽ വേറൊരു ഋഷഭ ചക്രവർത്തി മഹാഗൃഹസ്ഥനായിരുന്നു നൂറു മക്കളാണ് അദ്ദേഹം പക്ഷെ ഒടുവിൽ ഈ തത്വം വിമർശിച്ചറിഞ്ഞു ഗൃഹസ്ഥനായിരിക്കവേ തന്നെ തത്വം നല്ലവണ്ണം വിമർശിച്ചറിഞ്ഞു കൊട്ടാരമൊക്കെ വിട്ടിറങ്ങിപ്പോയി ഇതൊന്നും ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇല്ലാത്തത് അപ്പം മക്കളെ ഒക്കെ കൂടെ വിളിച്ചു കൂട്ടി അദ്ദേഹം ഉപദേശിക്കണം നായം ദേഹമോ ദേഹഭാജ എന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങളെ ഈ ശരീരം മനുഷ്യ ശരീരം ഇവിടെ കിട്ടില്ല കഷ്ടാൻ ഭോഗാൻ അർഹതയെ വിഭുജാ കൃമികൾക്ക് പോലും അനുഭവിക്കാൻ കിട്ടുന്ന ഈ ലൗകിക ഭോഗം അനുഭവിക്കാൻ മാത്രം ഉള്ളതല്ല ഈ ഇല്ലാത്ത ജലം അതൊക്കെ കുറെ വേണമെങ്കിൽ അനുഭവിച്ചോളൂ അപ്പോൾ തന്നെ നല്ലവണ്ണം വിമർശിച്ച് തപോ ദിവ്യം ദിവ്യമായ തപസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലെന്ന് അറിയുന്ന ശാസ്ത്രീയമായ തപസ് അദ്വൈതസത്യത്തെ മുൻനിർത്തിയുള്ള തപസ് തപോ ദിവ്യം പുത്രകാഹ കുഞ്ഞുങ്ങളെ ദിവ്യമായ തപസ് അനുഷ്ഠിക്കാനുള്ളതാണ് ഈ ശരീരം തപോ ദിവ്യം പുത്രകാഹ ജേനസത്വം ശുദ്ധി അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവും ഭേദചിന്തയും രാഗദ്വേഷവും ഉണ്ടോവും ബ്രഹ്മസൗഖ്യം എന്തോ അനന്ത അനന്തമായ ബ്രഹ്മസൗഖ്യം നിങ്ങൾക്ക് കിട്ടും ഒരേ ബോധം അത് ജനിച്ചതല്ല ഞാനതാണ് കൃഷ്ണൻ ഗീതയിൽ ആദ്യം പറയുന്നതാണ് അർജുനനോട് നീ ആത്മാവാണ് നീ ജനിച്ചിട്ടില്ല ഇതിനു മുൻപ് ജനിച്ചിട്ടില്ല ഇനിമേൽ ജനിക്കില്ല നീ ആനന്ദഹനമായ വസ്തുവാണ് നീ മാത്രമല്ല ഞാനും ഭീഷ്മദ്രോണ ആദിക്കും സകലരും അതാണതുകൊണ്ട് അർജുന ഒട്ടും ഇവിടെ ദുഃഖത്തിന് പ്രസക്തിയില്ല ദൃഢത്തെക്കുറിച്ച് അറിവുള്ളവരാരെങ്കിലും ദുഃഖിക്കുമോ ബോധത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല ഇക്കാര്യം ആണ് ഗുരുദേവൻ നമുക്ക് ഭംഗിയായി പറഞ്ഞു തരുന്നത് അറിയപ്പെടുന്നതും അറിയപ്പെടുന്നതും ഇല്ലേയില്ല അറിവ് മാത്രമേ ഉള്ളൂ ബോധം ഈ അറിവെന്ന കൃതിയെക്കുറിച്ച് ദിവസം രണ്ട് പദ്യം എടുത്ത് നമ്മൾ ക്ലാസ് തുടരും ഗംഭീരമായ ഒരു കൃതിയാണ് ശ്രദ്ധിക്കുക ആവർത്തിച്ച് ചിന്തിക്കുക പഠിക്കുക നമ്മളൊക്കെ അനശ്വരമായ അറിവാണ് ബോധമാണ് ആ ബോധമാണ് ഞാനുണ്ട് ിങ്ങനെ നമുക്ക് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും നമുക്കത് ചർച്ച ചെയ്യാം ഈ അറിവ് നമ്മളിലൊക്കെ ഉറച്ചു കിട്ടാനും ജീവിതം അത്യന്തം ശാന്തമായി അവസാനിപ്പിക്കാനും ഗുരുദേവനും നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം